जो भक्त करे हारा निश्चय मोखे അത്രം അധം അനശൃണോതി ഗന്ധരൈശ് പ്രഭൂതം പുനഃ പുനഃ പ്രവതി ദുഷ്ടം അതുഷ്ടം ചുതം അശ്രുതം അനുഭൂതം ചനനുഭൂതം ചർവം പശ്യതിശ്യത്തി അവിടുത്തെ സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത് ജാഗ്രസ്സുഷുക്തി പ്രതിപത്തെ അന്തരാളേ ദോ അർക്കി വത് സ്വാത്മനികർ സ്വപ്നം മഹിമാനം വിഭൂതി വിഷയ വിഷയരക്ഷണം ത്മഭാവഗമനം അനുഭവതി പ്രതിപദ്ധ്യത്തെ അത്ര ഉപരദേശ്രോഷ സ്ധികരണങ്ങളെല്ലാം ഉപരമിക്കുമ്പോൾ ശ്രോത്രാധികരണങ്ങളെല്ലാം സുഹൃത്തിയിൽ നിന്നുപരമിക്കുന്നുണ്ട് അവിടെ അതൊന്നും പ്രവർത്തിക്കുന്നില്ല പക്ഷെ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞു എന്താണ് പ്രാക് സുഷുതി പ്രതിഭത്തെയോ ആ സുഷൃക്തിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പൊതുവെ പറയാറുണ്ടെന്നാണ് ഉറക്കത്തിൽ സ്വപ്നം കണ്ടു ഉറക്കത്തിൽ സ്വപ്നം കണ്ടു എന്നൊരു നശിയല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ സ്വപ്നം ഇല്ല ഉറക്കമെന്ന് പറഞ്ഞാൽ സുഷൃപ്തി അവിടെ സ്വപ്നം എന്നാലും നമ്മൾ സാധാരണ പറയും ആ ഉറക്കത്തിൽ സ്വപ്നം ഉറക്കത്തിലല്ല സ്വപ്നം കൊണ്ട് പിന്നെ ഇവിടെ സ്വപ്നത്തില സ്വപ്നം കൊണ്ട് ഉറക്കത്തിൽ ഉറക്കം മാത്രം ഉറക്കം എന്നുള്ളതിനെന്തണം അതിനെ നമ്മൾ സാധാരണ അതുകൊണ്ട് അത് വേർതിരിച്ച് പറയും ഉറക്കം എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര ആ ഗാഠനിദ്ര ഇല്ലാതിരിക്കുമ്പോ സ്വപ്നം എന്ന് പറയും പക്ഷെ എന്നാലും പൊതുവെ പറയുന്ന അങ്ങനെയാണ് ഉറക്കത്തിൽ സ്വപ്നം കണ്ടു ഉറക്കത്തിൽ ആർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല ഉറക്കത്തിൽ ഉറക്കം സ്വപ്നത്തിൽ സ്വപ്നം ഒരവസ്ഥയല്ല ഇത് രണ്ട് രണ്ടാവസ്ഥയാണ് രണ്ടവസ്ഥ എന്നുള്ള വ്യത്യാസം കൂടാതെ നമ്മൾ ചേർത്തെന്ന് പറയും ഉറക്കത്തിൽ സ്വപ്നം കണ്ടു ഇവിടെ രണ്ടാം അവസ്ഥയായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ജാഗ്രത് സ്വപ്നം സുശക്തി ചില സമയത്ത് രണ്ടിനും കൂടെ ചേർത്ത് പറയുന്നുണ്ട് അങ്ങനെ പറയാം അതെന്തുകൊണ്ടാണ് ജാഗ്രതമായിട്ടുള്ള വ്യത്യാസമുള്ള ജാഗ്രതമായിട്ട് പ്രധാന വ്യത്യാസം അതാണ് പറഞ്ഞത് ഉപരിതേഷ് ശ്രോത്ര രണ്ടടത്തും ശ്രോത്രാദി കരണങ്ങൾ ഉപരമിച്ചിരിക്കുന്നു പ്രവർത്തിക്കുന്നില്ലെന്നോ വിലയിച്ചെന്നോ എന്താണ് പറയാ ഇത് രണ്ടിടത്ത് സമാനതയുണ്ടെന്നുള്ളതേയുള്ളൂ സ്വപ്നത്തിലും ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല സുഹൃത്തിയിലും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ സമാനതയുണ്ടെങ്കിലും രണ്ടും രണ്ടാണ് സുഹൃത്തി വേറെ സ്വപ്നം വേറെ സുഷൃത്തിയിൽ സ്വപ്നമില്ല സ്വപ്നത്തിൽ സുഷൃപ്തിയും ഇല്ല സ്വപ്നത്തിൽ എന്തുകൊണ്ട് സുഹൃപ്തിയില്ല സ്വപ്നം എന്ന് പറയുമ്പോ അവിടെ മഹിമാനം വിഭൂതിയും ഇവിടെ പറയും സ്വപ്നത്തിൽ വിഭൂതികളുണ്ട് വിഭൂതികളൊക്കെ അതെങ്ങനെ സുഹൃപ്തിയാകും ആ വിഭൂതികളെല്ലാം അതുമടങ്ങിയാലേ സുഷുപ്തിയാകത്തുള്ളൂ പക്ഷെ സമാനത ഇത്രയും ഉപരദേശ്രോത്രാദിഷ ശ്രോത്രാദികൾ ഉപരമിച്ചിരിക്കുന്നു എന്നുള്ള സമാനതയുള്ളത് കൊണ്ട് നമ്മൾ പൊതുവെ സ്വപ്നവും സുഷൃപ്തിയും എന്നാ കൂടി ചേർത്ത് അത് സാധാരണ വ്യവഹാര ഭാഷയിൽ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അങ്ങനെ പറയത്തില്ല രണ്ടവസ്ഥയെന്ന് പറയും സ്വപ്നം പേര് സുഷേര് അതുകൊണ്ട് ആ സ്വപ്നത്തിൽ നിന്ന് സ്വപ്നത്തെ നിന്ന് വേർതിരിക്കുന്നു സുരത്തു ദേഹരക്ഷേ ജാഗ്രസ് വായുഷു ഇനി ഇതും രണ്ടിടത്ത് സമാനം തന്നെ ദേഹരക്ഷയ്ക്ക് വേണ്ടി എന്തു ചെയ്യുന്നു ജാഗ്രസ് വായുഷു പ്രാണാതി വായുക്കളെല്ലാം ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നു ദേഹരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു അദ്ദേഹത്തിന് നാശം സംഭവിക്കുക അത് സംഭവിക്കാൻ പാടില്ല മരണത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു പ്രാണന്മാർ ഉണ്ടെന്നിരിക്കുന്നു ഇതും രണ്ടിനു സമാനമാണ് സ്വപ്നത്തിനും സുഷുതിക്കും എന്നിട്ട് സ്വപ്നത്തെ സുഷുതിയിൽ നിന്ന് വേർതിരിക്കുന്നു ഉറക്കത്തിൽ നിന്ന് സ്വപ്നത്തെ വേർതിരിക്കുന്നു സുശൃത്തിയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ആ സുഷൃക്തിയിലേക്ക് കടക്കുന്നതിനു മുമ്പ് എന്തുകൊണ്ട് പറയുന്നു അപ്പോൾ സുഷൃക്തി എന്ന് പറയുമ്പോ അത് ഉറക്കമായി സ്വപ്നം ഇല്ലാത്ത ഉറക്കം അതിനു മുമ്പ് ഏതസ്മിൻ അന്തരാളെ ഈ അന്തരാളത്തിലിവിടെ ഈ ജാഗ്രതും സുഷക്തിക്കും ഇടയ്ക്ക് അല്ലാതെ അത് സുഷുപ്തിയല്ല നമ്മള് പറയുമെങ്കിലും അത് സുഷുപ്തിയല്ല അത് ജാഗ്രതത്തിനും സുഷുപ്തിക്കും ഇടയ്ക്കുള്ള മറ്റൊരവസ്ഥയാണ് അതാണ് സ്വപ്നം യേശദേവോ നേരത്തെ പറഞ്ഞല്ലോ ഈ ദേവൻ മനസ് തന്നെയാണ് മനസ്സെന്ന് പറയുമ്പോ മനസ്സെന്ന് പറയുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു മനസ്സെന്ന ഉപാധിയെ മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്ന ജീവൻ അർക്കരശ്മിപത് സ്വാത്മനിധികർ എങ്ങനെയാണോ അർക്ക രശ്മികളെ തന്നിൽ തന്നെ ഉപസംഹരിക്കുന്ന അതുപോലെ സ്വാത്മനി സഹൃദശ്രോത്രാധികർണ്ണ തന്നൽ സംഹരിക്കപ്പെട്ട ശ്രോത്രാധികളോടുകൂടി ഇവനായി തന്നൽ ശ്രോത്രാധികളെ സംഹരിച്ചുകൊണ്ട് അത് രണ്ടിന് സമാനമായോണ്ട് പറയുന്നു സുഷുതിയിലും സ്വപ്നത്തിലും ഉറക്കത്തില് സ്വപ്നത്തിന് ഇതെല്ലാം സംഹരിച്ചിരിക്കുന്നു അത് മുമ്പ് വിശദീകരിച്ചു സ്വപ്നേ അതായപ്പോ സ്വപ്നം അത് സുഷുതിയല്ല മഹിമാനം അനുഭൂതി അതിനെ വ്യാഖ്യാനിക്കുന്നു അനേക ഭാവനം ഒന്ന് തന്നെ വിഷയവിഷയി അനേക ഭാവത്തെ പ്രാപിക്കുന്നത് ആ ഒരേ ഒരു ചൈതന്യം തന്നെ കാണുന്നവനായും കാഴ്ചയായും മാറുന്നു അതാണ് വിഷയവിഷയി ലക്ഷണം അനേകാത്മഭാവഗമനം അനുഭവതി പ്രതിബദ്ധത അങ്ങനെ ഒരവസ്ഥയെ പ്രാപിക്കുന്നു ഒന്ന് തന്നെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുമ്പോൾ അനുഭവിക്കാൻ വേറൊരാൾ വേണ്ടേ സ്വപ്നത്തെ അനുഭവിക്കാൻ സ്വപ്നത്തിൽ നിന്ന് വേറിട്ടൊരാൾ അങ്ങനെ ഏതൊരുവനാണോ ഈ ജാഗ്രത്തിലിരുന്നത് ആ ദേവൻ തന്നെ സ്വപ്നം എന്ന ഒരവസ്ഥയെ പ്രാപിക്കുന്നു ആ അവസ്ഥയെ പ്രാപിക്കുന്നതിന്റെ വിശേഷത എന്താണ് ഈ കർണങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും അവിടെ ആ കേവലനായ ജീവൻ സ്വയം വിഷയവിഷയഭാവത്തെ പ്രാപിക്കുന്നു മനസ്സ് തന്നെ വിഷയവിഷയി ഭാവത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം ആ യുക്തമായിരിക്കുന്ന മനസ്സ് അതാണ് സ്വപ്ന എന്ന് പറയുന്നത് മനസ്സെന്നുള്ള ശബ്ദം ഉപയോഗിച്ചാണ് കുഴപ്പമില്ല ജീവൻ ജാഗ്രതത്തിൽ കരണങ്ങളെല്ലാം ഉപയോഗിച്ച് വിഷയങ്ങളെ അനുഭവിക്കുന്നു സ്വപ്നത്തിൽ ഇതിനെല്ലാം വിലയിപ്പിച്ചിട്ട് സ്വയം തന്നെ വിഷയവിഷയ രൂപത്തിൽ മാറുന്നു എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ട് പക്ഷേ ഇവിടെ മനസ്സെന്ന് പറഞ്ഞു മനുമാ മഹിമ അനുഭവനെ കരണം മനഃ അനുഭവിക്കും തത് കഥം സ്വാതന്ത്ര്യേണ അനുഭവതീറ്റ് ഉച്ച ഈ മനസ്സനുഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും മനസ്സാണോ അനുഭവിക്കുന്നതല്ല ഇവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു സുഖത്തെ അനുഭവിക്കുന്നു ദുഃഖത്തെ അനുഭവിക്കുന്നു ഇവിടെയെല്ലാം എന്താ സംഭവത്തിന് ഞാൻ മനസ്സെന്ന് പറയുന്ന ഒരു കർണത്വം ഉപയോഗിച്ച് ഞാൻ അനുഭവിക്കുകയാണ് അനുഭവിക്കുന്നവനായ എന്റെ ഒരു കർണം മാത്രമാണ് മനസ്സ് അനുഭവിക്കുന്നതിന്റെ ഉപകരണമാണ് ഇവിടെ എന്താണ് പറഞ്ഞത് അത്രേഷ ദേവ ഈ ദേവൻ മുമ്പ് പറഞ്ഞ ദേവൻ മനസ്സ് സ്വപ്നം മഹിമാനും അനുഭവം ഈ സ്വപ്നത്തിൽ മഹിമയെ അനുഭവിക്കുന്നു അത് മനസ്സ് എന്ന് പറയുന്ന സ്വപ്നത്തിൽ മാത്രമുള്ളതല്ല ഇവിടെയുണ്ട് ഈ ജാഗ്രതത്തിലുമുണ്ട് ഈ ജാഗ്രത്തിൽ അതിന് അനുഭോക്താവായിരിക്കാൻ കഴിയില്ല മറിച്ച് അനുഭവത്തിന്റെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞു മനസ്സുകൊണ്ടറിഞ്ഞു എന്നല്ലേ പറയുന്നു ഇപ്പം മനസ്സ് കർണമാണ് പക്ഷെ ഇവിടെ മനസ്സനുഭവിക്കുന്നു എന്നങ്ങനെ പറയുന്നു മഹ്മ അനുഭവനെ മനഃ അനുഭവിതു കർണം മനസ്സനുഭവിക്കുന്നവൻ കർണമാണ് ഇരിക്കുന്നു തത്കഥം പിന്നെ എങ്ങനെ സ്വാതന്ത്ര്യണ അനുഭവത്തി മനസ്സിനെങ്ങനെ ഈ സ്വാതന്ത്ര്യം കിട്ടും വാസ്തവത്തിൽ ആരാണ് സ്വതന്ത്രൻ പറയുന്നു ക്ഷേത്രജ്ഞ സ്വതന്ത്ര സ്വാതന്ത്ര്യം ആ ക്ഷേത്രജ്ഞനാണ് ജീവനാണ് ഇവിടെ ആരാണോ ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കുന്ന അവനാണ് സ്വാതന്ത്ര്യം അവൻ കർണത്തെ ഉപയോഗിച്ച് അറിയും കർണത്തെ ഉപയോഗിച്ച് അറിയാതെ ഇരിക്കാം എല്ലാം ചെയ്യും കേവലം കർണമായിരിക്കുന്ന മനസ്സ് അത് സ്വപ്നത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും സ്വപ്നവും മനോധർമ്മവും ആത്മധർമ്മ ആത്മനിതാരോപമാത്രം ലോകസീതി ഖ്യാപനാർത്ഥം അപ്പൊ ഇവിടെ ഒരു കാര്യത്തെ സാറിന് ഈ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ പ്രയോഗിക്കും ആ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് വേണം അതിനെ മനസ്സിലാക്കാൻ ഇവിടെ മനസ്സെന്ന് പറഞ്ഞു വേറെടുത്ത് ജീവൻ എന്ന് പറഞ്ഞു വേറെടുത്ത് പ്രാണനെന്ന് പറഞ്ഞു ഇനി വേറെടുത്ത് ആത്മാവെന്ന് തന്നെ പറയും അത്രായ പുരുഷസേൻ ആത്മാവ് തന്നെയാണ് അവിടെ എല്ലാത്തിനെയും അറിയുന്നത് ഇതെല്ലാം പറയും ശബ്ദങ്ങളെല്ലായിടത്തും പലതായിരിക്കും താത്പര്യം തന്നെ മനസ്സിലാകും സ്വപ്നം എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ആനയും കുതിരയും എല്ലാം ഉണ്ട് ഭയക്രോധ മോഹങ്ങളെല്ലാം ഉണ്ട് വികാര വിചാരങ്ങളെല്ലാം ഉണ്ട് എല്ലാം സംഭവിക്കുന്നുണ്ട് സ്വപ്നത്തിൽ അപ്പൊ അതെന്തിന്റെ വിഭൂതിയാണത് ആത്യന്തികമായി എല്ലാം ഒരേ ഒരു തത്വം തന്നെ ആത്മതത്വം തന്നെ അതില് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അവിടെ ആനയായും കൊത്തിരിയായും ഒക്കെ നിൽക്കുന്ന എന്താണ് അതിന്റെ എല്ലാം തത്വം എന്താണെന്ന് അന്വേഷിച്ചു ചെന്നാൽ എത്തിച്ചേരുന്ന ഒന്നി തന്നെ അതിലഭിപ്രായ വ്യത്യാസമല്ല ഈ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം ഇതിന്റെ തത്വം എന്താണെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നാൽ എത്തിച്ചേരുന്നെവിടെ പരമമായ കേവലമായ സത്തേ പക്ഷെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ആ ഉത്തരം പറഞ്ഞാൽ മതിയോ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ സമാധാനങ്ങളുണ്ട് പുസ്തകം ഇതെങ്ങനെ ഉണ്ടായി ഇതാരുടേതാണ് ഇതിലെന്താണുള്ളടക്കം ഇതിനെ സംബന്ധിച്ച് പല സമാധാനങ്ങളുണ്ട് അതുമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇതിന്റെ പരമമായ തത്വം എന്ന് എന്ത്ന്വേഷിക്കുമ്പോഴാണ് അത് ആത്മതത്വത്തിൽ എത്തിച്ചേരുന്നത് അതിനു മുമ്പുള്ള ചോദ്യങ്ങൾക്ക് അതിന്റേതായ സമാധാനം വരും അതിനു മുമ്പുള്ള ചോദ്യങ്ങളും അതിനുള്ള സമാധാനങ്ങളും എല്ലാം ഈ വ്യവഹാരത്തിൽപ്പെടുന്ന അതുകൊണ്ടുകൂടെ ഒരു ചോദ്യമേ പാടുള്ളൂ ഒരു സമാധാനമേ പാടുള്ളൂ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല പരമാർത്ഥദൃഷ്ടി വേറെ വ്യവഹാര അനുഭവങ്ങൾ വരെ അപ്പോൾ ഇവിടെ ഈ കാണുന്ന ആനയും കുതിരയുമൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരവമായ വിശകലനത്തിൽ എന്താണത് പരമാർത്ഥത്വം തന്നെ പക്ഷെ ഇപ്പോൾ അനുഭവിക്കുമ്പോൾ ഇതെന്തിന്റെ വിഭൂതിയാണോ പറയുന്നത് സ്വപ്നവും മനോധർമ്മവും ഇതെല്ലാം മനസ്സിന്റെ കളികളാണ് മനസ്സാണിതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത് മനസ്സൊന്നോ എന്തുക്കരണമെന്നോ ബുദ്ധിയെന്നോ എന്ത് വേണോ പറയാം അതാണിതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത് ആത്മധർമ്മ ആത്മധർമല്ല മനോധർമെന്ന് വെച്ചാൽ എന്താണ് മനസ്സിന്റെ പരിണാമം മനസ്സ് നിമിത്തമായി ഇതൊക്കെ സംഭവിക്കുന്നു എങ്ങനെയാണോ അവിടെ മനസ്സ് നിമിത്തമായിരിക്കുന്നത് അതേ തരത്തിൽ ആത്മാവ് നിമിത്തമല്ല എന്നാണ് ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം നോക്കി വായിക്കുന്നു എന്തുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിയുന്നു ഇവിടെ അക്ഷരങ്ങളുണ്ട് അപ്പം ആ അക്ഷരം നിമിത്തമാക്കിയാണ് ഞാൻ വായിക്കുന്നത് ഇവിടെ ഈ അക്ഷരം നിമിത്തമാകി വായിക്കുന്നതിന്റെ സ്ഥാനത്ത് ഞാൻ പറയണം ഞാൻ ഇവിടെ ആത്മാവിനെ നിമിത്തമാക്കി വായിക്കുന്നു എന്ന് പറഞ്ഞു അത് അസംബന്ധമായി തത്വം ആത്മാവ് തന്നെ പക്ഷെ ഞാനിപ്പോ നിമിത്തമാക്കുന്നത് എന്താണോ ഈ പുസ്തകത്തിലുള്ള അക്ഷരവടികളാണ് ഇതാണ് വ്യവഹാരമെന്ന് പറയുന്നത് ഞാൻ രണ്ടിനെയും കൂടെ കൂട്ടിക്കൊഴിക്കരുത് ഈ അക്ഷരവടികൾ ഈ പുസ്തകത്തിലേ ഉള്ളൂ അടുത്ത ദിവസം എടുത്താൽ എനിക്കിത് വായിക്കാൻ കഴിയത്തില്ല ആത്മാവ് എല്ലായിടത്തും ഉണ്ട് എല്ലാം അതുതന്നെയാണ് പക്ഷെ അതുകൊണ്ട് വായന ഉടക്കമില്ല അതിനാ പരമകാരണമെന്ന് പറയാം പക്ഷെ ഇവിടെ ഞാൻ എന്തിനാ ആശ്രയിക്കുന്നു ഈ പുസ്തകത്തിലുള്ള എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പുസ്തകത്തിലുള്ള ഈ അക്ഷരപടിവുകളെ ആശ്രയിച്ച് വായിക്കാൻ അതിന് എന്റെ ഇന്ദ്രിയങ്ങൾ വേണം എന്റെ ശരീരം വേണം എന്റെ ഉള്ളിൽ മനസ്സ് വേണം ഹ്യമായി എന്തെല്ലാം ആവശ്യമുണ്ട് വെളിച്ചമുണ്ട് ഇന്ദ്രിയു ഇതുമായിട്ടുള്ള സമ്പർക്കം വേണം അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞ് വിശദീകരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ആത്മാവിനെ കൊണ്ട് വായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് അതുപോലെ സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അവിടുത്തെ ആനയും കുതിരയേണ്ടത് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ് അത് ആത്മധർമ്മമല്ല ആത്മാവ് പരിണമിച്ചിരിക്കുന്നതല്ല അത് ആ ആത്മാവിലാണതല്ല സംഭവിക്കുന്നത് ആത്മാവിൽ പരിണാമം സംഭവിക്കാതെ തന്നെ അതിൽ സംഭവിക്കുന്നത് കൊണ്ട് അതിനെന്തു പറയും അങ്ങനെ പറയുന്നു ആത്മനിതു തഥാരൂപം മാത്രം ആത്മാവിൽ എവിടെയെങ്കിലും പറയുകയാണോ അങ്ങനെ ചെറിയ അടുത്ത് പറയും അതെല്ലാം ആത്മാവിലാസമാണെന്ന് പറയും അങ്ങനെ നേരത്തെ പറഞ്ഞത് മനസ്സിന്റെ വിലാസമാണ് ഇപ്പൊ പറയുന്നതെന്താണത് ആത്മാവിന്റെ വിലാസമാണെന്ന് ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാകും ഒരിടത്ത് പറയുന്ന എന്താണ് അത് വന്നിരിക്കുന്നത് അത് ആത്മാവിൽ നിന്ന് പ്രകടമാണ് യദോവായുമാലി ഭൂതാന് ജയന്തി പ്രത്യഭിസംബിസന്ധി എവിടെ നിന്നാണ് ഇതെന്നെ ഇങ്ങനെ പ്രകടമാകുന്നത് ജീവന്തി എവിടെയാണോ നിലനിൽക്കുന്നത് എവിടെയാണോ അത് വിലയിക്കുന്നത് എടുത്തു പറയുന്നതാണ് ഇതൊക്കെ മായ കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ല ഇനി എടുത്തു പറയുന്നില്ല ഇത് ആത്മാവിലാണ് സംഭവിക്കുന്നത് അദ്വൈതത്തിൽ എന്താ ഇതിന് സമാധാനം പറയുന്നത് രണ്ടും പറയാം ആ സമാധാനമാണ് ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ് സ്വപ്നത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ഇത് മനോധർമ്മമാണ് ആത്മധർമ്മമല്ല പിന്നെ ആത്മാവനെന്ന് പറയുന്നത് തദാരൂപം മാത്രം ലോകസ്യ ഇതിനെ കണ്ടുകൊണ്ട് ഈ മനോധർമ്മത്തെ കണ്ടുകൊണ്ട് ലോകർ പറയുന്നു സർവരും പറയുന്നു അത് ആത്മാവിനാണെന്ന് പറയുന്നു എന്താ ലോകരെന്ന് പറയുമ്പോൾ സാറിന് എല്ലാവരെയും ഉദ്ദേശിച്ച് ശാസ്ത്ര ചിന്ത ചെയ്യുന്നവനും ചിന്ത ചെയ്യാത്തവനും പണ്ഡിതനും പാമരനും എല്ലാവരും പറയും അതങ്ങനെ എല്ലാവരും പറയുന്നു എല്ലാവരും പറയും സ്വപ്നം നീ ഇന്നലെ സ്വപ്നം കണ്ടു കണ്ടു ആരാ സ്വപ്നം കണ്ടു ഞാൻ ആ സ്വപ്നം എവിടെ സംഭവിച്ചു എന്നിൽ എന്നിലാണ് സ്വപ്നം സംഭവിച്ചത് ഞാനാണ് സ്വപ്നം കണ്ടത് എന്ന് പറയുമ്പോൾ എന്താണ് തന്നിൽ സ്വപ്നത്തെ കാണുകയാണ് അതാണ് ലോകലെല്ലാവരും പറയുന്നതെന്ന് പറയുന്നു ആത്മനി സ്വപ്നം എന്നിലാണ് സ്വപ്നം ഇപ്പൊ തന്നിൽ സ്വപ്നം എന്ന് പറയുന്ന വാസ്തവത്തെ എന്താണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിട്ടില്ല അതിനെ ശാസ്ത്രീയമായി ചിന്തിക്കും മനസ്സും അത് തന്റെ ആരോപിച്ചതാണ് വാസ്തവത്തിലെ എന്തായിരുന്നു മനോധർമ്മമായിരുന്നു എന്തുകൊണ്ട് തനിക്ക് ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം അനുഭവിക്കുന്ന താൻ ആ താൻ തന്നെയാണ് സ്വപ്നത്തിൽ സ്വപ്നം കണ്ടത് ആ ഞാൻ തന്നെയാണ് ജാഗ്രത സ്വപ്നവും എല്ലാം വിട്ടിട്ട് സുഷൃത്തിയിൽ ഇതൊന്നുമില്ലാതിരുന്നത് ആ എനിക്ക് പരമാർത്ഥത്തിൽ ആനയായോ കുതിരയായോ ഒന്നും മാറാൻ കാരണം ഞാൻ ഞാനാണ് എന്നൊരു രണ്ടാമതൊരു ഭാവമില്ല ഞാൻ എന്നെങ്ങനെ അറിയുന്നു എപ്പോഴും ഞാനായി തന്നെ അറിയുന്നു എന്നെ എനിക്ക് രാമനായോ കൃഷ്ണനായോ ആനയായോ കുതിരയായോ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ എന്നെല്ലാം അനുഭവങ്ങളെല്ലാം ഉണ്ടായി ഞാൻ ഞാനായിരിക്കേ ഞാൻ ഏകരൂപത്തിലിരിക്കെ എന്നുണ്ടായി നാൻ അനുഭവങ്ങൾ എന്താണ് അതെന്നിൽ ആരോപിച്ചതാണ് ഏകനായിരിക്കുന്ന നിന്നിൽ നിനക്കിതെല്ലാം എങ്ങനെ ആരോപിക്കാൻ കഴിയും അതിന് നിമിത്തമാണ് മനസ്സ് മനസ്സെന്ന നിമിത്തത്തെ ആശ്രയിച്ചിട്ട് ഞാൻ എന്നെല്ലാരോപിച്ചതാണ് സ്വപ്നത്തില് ആനയും കുതിരിയല്ല അത് ചില സന്ദർഭത്തിൽ പറയും മനസ്സിന്റേതാണ് ചില സന്ദർഭത്തിൽ പറയും അത് ആ പുരുഷന്റേതാണ് എന്നിങ്ങനെയെല്ലാം മാറി മാറി പറയും അത് മനസ്സിന്റേതാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം അത് മനസ്സിന്റെ പരിണാമമാണ് മനസ്സ് നിമിത്തമായി സംഭവിച്ചതാണ് പുരുഷന്റേതാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം അതവിടെ ആരോപിതമാണ് ക്ഷേത്രജ്ഞ സ്വാതന്ത്ര്യ മന ഉപാധികൃത നേത്രജ്ഞ പരമാർത്ഥത സ്വത സ്വഭി ജാഗ്രതി വ സ്വതന്ത്രനായി അവിടെ ആനിയും കുതിരയൊക്കെ സൃഷ്ടിക്കുന്ന സ്വപ്നത്തിനെന്ന് പറയാം എന്നിട്ട് സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം കളഞ്ഞിട്ടിവിടെ വന്നിട്ട് ഇവിടെ ഈ ശരീര ഇന്ദ്രിയങ്ങളോട് താതാന്യപ്പെട്ട് ഇവിടെ ബാഹ്യമായ വിഷയങ്ങളെ അനുഭവിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് മന ഉപാധികൃതത്വ മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധിയുള്ളത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്ന മനസ്സിലാണെന്നർത്ഥം എന്നാ ഈ ക്ഷേത്രജ്ഞ പരമാർത്ഥതസ്വധി ജാഗ്രത ഈ ക്ഷേത്രജ്ഞൻ വാസ്തവത്തിൽ ആരാണ് തുരിയനാണ് ഉദയ അസ്തമയങ്ങളില്ലാത്തവനാണ് ആ ക്ഷേത്രജ്ഞൻ ആ ക്ഷേത്ര സ്വരൂപത്തിൽ അത് തുലീയനായിരിക്കെ അവിടെ സ്വഫിതി ജാഗ്രത അവിടെ ഉറക്കവുമില്ല ജാഗ്രതയില്ല പിന്നെ സ്വപ്നവും ഇല്ല ഏകരൂപത്തിട്ടിരിക്കുന്നു അതാണ് തൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ് എന്താണ് അവിടെ സ്വപ്നമായാലും ശരി സുസൃതി ആയാലും ശരി ജാഗ്രത ആയാലും ശരി ഇതെല്ലാം എവിടെ സംഭവിക്കുന്നു എന്നിൽ ഞാൻ ഞാനാണ് ഞാനിതിന് ആധാരമായിരിക്കുന്നത് എന്നാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ മാറ്റമില്ലാത്ത ചേതനനായിരിക്കുന്നു ആ ചേതനനാണ് ഞാനെന്ന് സ്ഫുരിക്കുന്നത് ആ ചൈതന്യ സ്ഫുരണമാണ് ഞാനെന്ന് അനുഭവമായി നിലനിൽക്കുന്നത് ആ ചൈതന്യത്തിലാണിതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചൈതന്യത്തിന് ഉറക്കമുണ്ടോ അതിന് ജാഗ്രത ഉണ്ടോ ഒന്നുമില്ല സ്വതസ്വീ ജാഗ്രതയോ ഈ തത്വത്തെ മനസ്സിലാക്കിയിട്ട് വേണം സ്വപ്ന ജാഗ്രതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പിന്നെ ഇതെല്ലാമോ മനോപാധികൃതമേവ തസ്യ ജാഗരണം സ്വപ്ന സ്യക്തം വാചസനയൊക്കെ ഇത് ബൃഹധാരണയത്തിനും പറഞ്ഞു എന്താണ് ഇതെല്ലാം മനസ്സാകുന്ന ഒരു ഉപാധി ആശ്രയിച്ചുകൊണ്ട് ചിലടത്ത് പറയും അതിന് പൊതുവായി പറയും അവർക്ക് ചെറിയ ചെറിയ വ്യത്യാസവും കാണും ചിലടത്ത് പറയും ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു മായ ചിലടുത്ത് പറയും അജ്ഞാനം ചിലടത്ത് പറയും അവിദ്യ ഇവിടെ പറയുന്നു മനസ്സ് ഇതിന്റെ ആധാരമായിരിക്കുന്നത് കേവലമായ ചൈതന്യമാണ് എന്നുള്ള ബോധമുള്ളവനെ സംബന്ധിച്ച് അത് മനസ്സെന്ന് പറഞ്ഞാലോ മായ എന്ന് പറഞ്ഞാലോ അവിദ്യ എന്ന് പറഞ്ഞാലോ വ്യത്യാസങ്ങളൊന്നുമില്ല തത്വത്തെ ഗ്രഹിച്ചുകൊണ്ടാണോ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ പറയുന്നു എന്താണ് മന ഉപാധികൾ തമയോ മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധി അതുകൊണ്ടാണോ ഇതെല്ലാം വരുന്നത് ജാഗരണ സ്വപ്നം അതിൽ പ്രത്യേകമായിട്ടിവിടെ പറയുന്നത് ജാഗ്രത സ്വപ്ന സുഹൃപ്തി അത് പറയാത്ത കാരണം സുഭിജിയൻ നേരത്തെ പറഞ്ഞു എന്നാലും സുഹൃത്തി എന്ന് പറയുമ്പോൾ അവിടെ വ്യവഹാരമില്ല അതുകൊണ്ട് പിന്നെ അവിടെ പ്രത്യേകിച്ച് മനസ്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ ജാഗ്രതയിലിരുന്നുകൊണ്ട് സുഷൃത്തി എന്ന് വ്യവഹരിക്കുമ്പോൾ അവിടെ മനസ്സാവശ്യമാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് സുഹൃത്തി എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണെങ്കിലും വ്യവഹാരശൂന്യമായ ഒരു സ്വരൂപമാണെങ്കിലും സുഹൃത്തിയുടെ വ്യവഹാരം എവിടെ സംഭവിക്കുന്ന ഈ ജാഗ്രത ഉണർന്നിരുന്നാണ് പറയുന്നത് ഞാൻ ഉറങ്ങി ഒന്നും പറഞ്ഞില്ല അപ്പോ ഉണർന്നിരുന്നു കൊണ്ടുള്ള ഈ സുഹൃപ്തി വ്യവഹാരത്തിന് മനസിന്റെ ആവശ്യമുണ്ട് അവിടെയാണെങ്കിലോ എവിടെയാണോ വ്യവഹാരങ്ങൾ അവസാനിച്ചത് ഇവിടെയാണോ ആത്മാവെന്നോ അനാത്മാവെന്നോ ചിന്തിക്കാൻ കഴിയാത്തത് എവിടെയാണോ ആത്മബോധം സ്ഫുരിക്കാതിരിക്കുന്നത് അതാണ് സുശൃത്തി എന്തുകൊണ്ടവിടെ മനസ്സില്ല പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് അതിനെ മനസ്സിനെ ആശ്രയിക്കേണ്ടി വരും മനോപാധികൃത മേവത്താഗരണ സ്വപ്ന തിക്തം വാജ്യസ്നേഹി വാജസ്സനോഭൂത്വീവ ലേലായുദ്വീവ ഇത്യാദി നമുക്ക് പറഞ്ഞു സ്വപ്നത്തിലേക്ക് പോകുന്നു ജാഗ്രതത്തിലേക്ക് വരുന്നു സുഹൃത്തിയിലേക്ക് പോകുന്നു എല്ലാം സധീഹി ബുദ്ധിയാകുന്ന ഉപാധി ആശ്രയിച്ചിട്ടാണ് മനസ്സാകുന്ന ഉപാധി ആശ്രയിച്ചിട്ടാണ് അതിനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ കേവലമായ സുഷുപ്തി അവനാശ്രയിക്കുമ്പോ ഈ രണ്ടും വരുന്നു സ്വപ്നവും ജാഗ്രതവും വരുന്നു തസ്മാനോ വിഭൂത്യനുഭവേ സ്വാതന്ത്ര്യവചനം ന്യായമേവ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സധീഹി സ്വപ്ന ബുദ്ധിയാകുന്ന ഉപാധിയോടുകൂടി ചേരുന്ന അത് തന്നെ സ്വപ്നം ബുദ്ധി ഉപാധി എന്നുവച്ചാൽ ചൈതന്യം ബുദ്ധിയുക്തമായി തീരുമ്പോ അവിടെ പിന്നെ പ്രത്യേകിച്ച് ഒരു സ്വപ്നം സംഭവിക്കുന്നില്ല അത് സ്വപ്നം അത് ജാഗ്രത ുദ്ധി ഉപാധി വരുമ്പോ അതുകൊണ്ട് മനസ്സ് കൊണ്ട് സ്വപ്നം കാണുന്നു എന്ന് പറയാനും വയ്യ എന്തുകൊണ്ട് ആ മനസ്സ് തന്നെയാണ് സ്വപ്നമായിരിക്കുന്നത് ആ ചൈതന്യവത്തായ മനസ്സ് തന്നെയാണ് സ്വപ്നമായിരിക്കുന്നത് അതിനാൽ കേട്ടതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ മനസ്സിനെ കരണമെന്ന് പറഞ്ഞാൽ മതിയോ പോരാ ആ ചൈതന്യവത്തായ ആ മനസ്സ് തന്നെയാണ് അവിടെ സ്വപ്നമായിരിക്കുന്നത് ആത്മാവ് സ്വതന്ത്രനാണ് മനസ്സിനതിന് കഴിവില്ല എന്നല്ല പറയുന്നു മനസ്സിനതിന് കഴിവുണ്ടത് ചൈതന്യയുക്തമായിരിക്കുമ്പോൾ അതുതന്നെ സ്വയം വിഷയവിഷയിഭാവത്തിൽ പരിണമിച്ച് സ്വപ്നദഷ്ടാവായും സ്വപ്ന ദൃശ്യമായിരിക്കും അതാണ് തസ്മാത് മനസ്സോ വിഭൂത്യനുഭവേ സ്വാതന്ത്ര്യവചനം ന്യായമേവ മനസ്സ്വപ്നം കാണുന്നു എന്ന് പറയുന്നതിന് യുക്തി ഭംഗമൊന്നുമില്ല മനസ്സിനുള്ള ശേഷിയുണ്ട് എന്നർത്ഥം മറിച്ച് ഇവിടെ എന്താ ചരുന്നത്രേഷ ദേവസ്വപ്നെ മഹിമാനം അനുഭവതി ഇന്നുമ്പോ മനസ്സിനെ കുറിച്ചാ പറഞ്ഞു വരുന്നു ഇവിടെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിനെ വിട്ടിട്ട് നിർഗുണമായ ആത്മാവ് അങ്ങനെ എടുക്കാൻ പറ്റില്ല മനസ്സ് തന്നെയാണ് എന്നൊക്കെയാണെങ്കിൽ ജീവനെന്നോ ക്ഷേത്രജ്ഞനെന്നൊക്കെ പറയാം ദോഷമില്ല ഇവിടെ മനസ്സ് വേറെ ക്ഷേത്രജ്ഞം വേറെ എന്ന് വേർതിരിച്ചിട്ട് ക്ഷേത്രജ്ഞന്റെ കർണമാണ് മനസ്സ് ആ മനസ്സിന് എങ്ങനെ സ്വതന്ത്രമായി സ്വപ്നം കാണാൻ കഴിയും എന്നും ചോദിക്കരുത് ഇവിടെ മനസ്സ് തന്നെയാണ് പക്ഷെ ആ മനസ്സെന്താണെന്ന് മനസ്സിലാക്കും അത് ചൈതന്യ യുക്തമായിരിക്കും ആ മനസ് അവൻ തന്നെയാണ് ദേവൻ അതിനു സ്വപ്നം കാണാം ന്യായമേവാ മന ഉപാധി സൈതത്തെ സ്വപ്നകാലെ ക്ഷേത്രജ്ഞസ്വയം ജ്യോതിഷം ബാധ്യത മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധി ആശ്രയിച്ചിട്ടാണ് സ്വപ്നത്തിൽ ഈ ഇതെല്ലാം നുഭവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതെങ്കിൽ അത്രയും പുരുഷസ്വയം ചോതി എന്ന് പറഞ്ഞു അവിടെ പുരുഷൻ സ്വയം പ്രകാശിക്കുന്നവനാണെന്ന് എന്ത് പറഞ്ഞു കാരണം പുരുഷൻ പ്രകാശിക്കുന്നവന് വേണ്ടി മനസ്സിനെ കൂടെ ആശ്രയിച്ചു കാരണം മന ഉപാധി സഹിതം എന്ന് പറയേണ്ടി മനസ്സിന്റെ സഹായത്തോടു കൂടിയാണ് എല്ലാം കണ്ടതെങ്കിൽ മനസ്സിനെ ആശ്രയിച്ചല്ലേ അവിടെ കാണുന്നവൻ എങ്ങനെ സ്വതന്ത്രനാകും അതെങ്ങനെ സ്വയം പ്രകാശിക്കുന്നവനാകും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് എല്ലാത്തിനേയും കാണും കണ്ണുന്നത് ശരി തന്നെയാണ് പക്ഷെ അത് വെളിച്ചത്തെ ആശ്രയിച്ചിട്ടാണ് കാണുന്നത് വെളിച്ചവനെയും കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല െളിച്ചത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് കണ്ണ് സ്വയം വെളിച്ചമല്ല എന്ന് പറയാൻ പറ്റും അതാർക്കും പറയാൻ പറ്റും കണ്ണൊരു വെളിച്ചമാണ് കണ്ണ് വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടി കാണുന്നത് കൊണ്ട് അത് തൈജസമല്ല അത് സ്വയം വെളിച്ചമല്ല എന്ന് പറയാൻ കഴിയത്തില്ല അത് പറഞ്ഞതുപോലെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശിക്കുന്നു വെളിച്ചത്തിലും മെഴുകുതിരി പ്രകാശിക്കുന്നതുകൊണ്ട് മെഴുകുതിരിയുടെ പ്രകാശം പ്രകാശമേ അല്ല എന്ന് പറയാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇരിക്കും ആ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം തന്നെയാണ് മെഴുകരിയും പ്രകാശം പക്ഷേ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിലും മെഴുകുരി പ്രകാശിക്കുന്നുണ്ട് അതിനൊണ്ട് പ്രകാശം നമുക്ക് രണ്ടും കാണാം മെഴുകുരിയുടെ പ്രകാശത്തെയും കാണാം സൂര്യന്റെ പ്രകാശത്തെയും കാണാം അതുപോലെ നമുക്കറിയാം കണ്ണിന്റെ വെളിച്ചവും നമുക്കറിയാം ബാഹ്യമായ വെളിച്ചം രണ്ട് വെളിച്ചം വേണം ഇവിടെ ബാഹ്യമായ വെളിച്ചത്തെ അവ ആശ്രയിക്കുന്നതുകൊണ്ട് കണ്ണിന് വെളിച്ചമില്ല എന്ന് പറയാൻ പറ്റില്ല അതില്ലാത്ത കൊണ്ടാണ് അന്ധന ബാഹ്യമായ പ്രകാശം ഉണ്ടായിട്ടും കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ടവിടെ കണ്ണിന് വെളിച്ചമില്ല കണ്ണിന് വെളിച്ചം ഉള്ളവനും ബാഹ്യമായ ഈരളാണെന്ന് കാണാൻ കഴിയുന്നില്ല അപ്പോൾ കണ്ണിന്റെ വെളിച്ചം ബാഹ്യപ്രകാശത്തെ ആശ്രയിക്കുന്നോണ്ട് കണ്ണിന് പ്രകാശമില്ല സ്വയം പ്രകാശിക്കുന്നില്ല എന്ന് പറയാൻ പറ്റാത്തതുപോലെ ഇവിടെയും മനസ്സെന്ന് പറയുന്ന ആ പ്രകാശത്തെ ഇവിടെ ക്ഷേത്രജ്ഞൻ സ്വപ്നത്തിൽ ഈ ചൈതന്യം സ്വീകരിക്കുന്നതുകൊണ്ട് അത് സ്വയം പ്രകാശം അല്ലാതാകുന്നില്ല അത് സ്വയം പ്രകാശമായിരുന്നു കൊണ്ട് തന്നെ മനസ്സെന്ന് പറയുന്ന വെളിച്ചത്തെ സ്വീകരിക്കുന്നു ഇത് ഒരു സ്ഥലത്തിൽ മനസ്സാണ് കാണുന്നത് വേരിടത്തിൽ ചൈതന്യമാണ് കാണുന്നു എന്നൊന്നും പറയുന്നതിന് പരസ്പര വിരുദ്ധമായ കാര്യമില്ല ഒരിടത്ത് പറയും ഇതെല്ലാം ആ ചൈതന്യത്തിൽ നിന്നാണ് വന്നത് വേറെടുത്ത് പറയും അതല്ല ഇതെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ് ഒരിടത്തു പറയും ഇതെല്ലാം അവസാനിക്കുന്ന മനസ്സിലാണ് വേറെടുത്ത് പറയും ഇതെല്ലാം അവസാനിക്കുന്ന ചൈതന്യത്തിലാണ് ഇതിലൊന്നും പരസ്പര വിരുദ്ധമായ കാര്യമില്ല ഇത്രയും മനസ്സിലാക്കുക എന്താണ് അവിടെ സ്വപ്നത്തിൽ ആ ചൈതന്യം മനസ്സെന്ന് പറയുന്ന ഒരുപാട് സ്വീകരിച്ചുകൊണ്ട് അത് സ്വയം സ്വയം പ്രകാശിക്കുന്നവനായിരുന്നു കൊണ്ട് തന്നെ ഷയങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് മനോപാധി സഹിതത്വ സ്വപ്നകാല ക്ഷേത്രജ്ഞസ്യ സ്വയം ജ്യോതിഷ ജീവിതത്തിൽ സാമാന്യമായി വരുന്ന പല സംശയങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നു നമ്മൾക്ക് തോന്നുന്ന പല കാര്യങ്ങൾക്കും ഇവിടെ സമാനം പറയാണ് പക്ഷെ അങ്ങനെ തോന്നും നമുക്ക് അവിടെ പറഞ്ഞു വന്നു ഇവിടെ പറഞ്ഞു വേറൊന്നു സെയിൻ ജ്യോതിസ് എന്നെ ബാധിക്കുന്നില്ല മനസ്സിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം എത്ര വലിയ പ്രകാശമായിക്കൊള്ളട്ടെ മെഴുകിരിയുടെ വെളിച്ചം വെളിച്ചം തന്നെയാണ് ഇനി മെഴുകിരിയുടെ വെളിച്ചം എത്ര ചെറുതുമായിക്കൊള്ളട്ടെ സൂര്യന്റെ പ്രകാശം പ്രകാശം തന്നെയാണ് എന്തുകൊണ്ട് പ്രകാശം എന്നുള്ള നിലയ്ക്ക് രണ്ടും സ്വയം പ്രകാശമാണ് അതാണ് തന്ന അസ്വയം ജ്യോതിഷത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് ശ്രുതിയർത്ഥ അപരിജ്ഞാനകൃത ഭ്രാന്തിഹി ദേശ ശ്രുത്യർത്ഥത്തിന്റെ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ശ്രുതി താല്പര്യത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് അജ്ഞാന കെടുത്ത അജ്ഞാനം കൊണ്ട് അതാണ് ശ്രുതി അടുത്ത അപരിജ്ഞാനം അജ്ഞാനം വന്നുകഴിഞ്ഞാൽ ഭ്രാന്തി വരും അത് ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു ശ്രുതി നിന്നുണ്ടാകുന്നു എന്താണ് ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അതാണ് ശ്രുതിയുടെ താത്പര്യം ശ്രുതിയുടെ താത്പര്യം എങ്ങനെ അജ്ഞാനമാകുന്നത് ശ്രോത്താവ് ശ്രുതിയെ ഗ്രഹിക്കുമ്പോൾ ശ്രോതാവിന്റെ ഉള്ളിൽ പ്രകടമാകുന്നതാണ് ശ്രുതി അർത്ഥജ്ഞാനം അതുണ്ടാകാതിരുന്നാൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിപരീയ ബുദ്ധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെ പറയും ഭ്രാന്തി അതിനെ തുടർന്ന് വരും ഭ്രാന്തി ആ ഭ്രാന്തി കൊണ്ടിങ്ങനെ പലതും പറയും നമ്മൾ ആത്മാവിൽ ഇതെല്ലാം എന്ന് പറയും പിന്നെ മനസ്സിലെന്ന് പറയും ഭ്രാന്തിയാണത് ചോദിക്കുന്നു നിങ്ങൾ എന്താ പറയുന്നു അത് ഇതെന്താ പറയുന്നത് ആത്മാവ് സ്വയം പ്രകാശമാണ് ശരി അത് അംഗീകരിക്കും പിന്നെ പറയുന്നു ആ മനസ് അതും സ്വയം പ്രകാശമാണ് എന്നാ പറയുന്ന ഈ ബുദ്ധി ഇത് സ്വയം പ്രകാശമാണ് നിനക്ക് എത്ര സ്വയം പ്രകാശമാണ് എത്ര വിളിച്ചാണുള്ളത് ഇതിങ്ങനെ പലത് പറയാം ഒരു പ്രകാശമാണുള്ളത് പല പ്രകാശങ്ങളാണ് അത് ആദ്യം തീരുമാനിക്കും ഇവിടെ ഏകമായ ഒരു പ്രകാശമേ ഉള്ളൂ പക്ഷെ അതേ പ്രകാശം തന്നെയാണ് ബാഹ്യമായി അഗ്നി രൂപത്തിൽ പ്രകാശിക്കുന്നു ആന്തരികമായി ബുദ്ധിയുടെ രൂപത്തിൽ പ്രകാശിക്കുന്നു ഒരേ പ്രകാശം തന്നെ ബാഹ്യമായി പ്രകാശിക്കുമ്പോൾ ജഡപപ്രകാശം ആന്തരിയമായി പ്രകാശിക്കുമ്പോൾ അതിനെ ചൈതന്യ പ്രയാ പ്രകാശം എന്ന് പറയുന്നത് അറിവെന്ന് പറയും ബുദ്ധിയെന്ന് പറയും മനസ്സെന്ന് പറയും ഏകമായ പ്രകാശത്തെ തന്നെ വ്യവഹരിക്കുന്നതിന് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെ പറയുന്നതിനെക്കുറിച്ച് ഏകമാണ് ആദ്വീയമാണ് തത്വമാണ് പരമാർത്ഥമാണ് നിത്യമാണ് മുക്തമാണ് എന്നെല്ലാം പറയുന്നു അങ്ങനെ പറയുന്നതിനുള്ള വ്യവഹാരം എന്ന് പറയുന്ന അങ്ങനെ പറയുക ചിന്തിക്കുക ഇതാണ് വ്യവഹാരം ഈ വ്യവഹാരത്തിന് എന്തിനെ ആശ്രയിക്കുന്നു ഈ ബുദ്ധിയെ ഈ മനസ്സിനെ ആശ്രയിക്കുന്നു അപ്പം എവിടെയാണോ വ്യവഹാരം സംഭവിക്കുന്നത് അവിടെ ആ പരമാർത്ഥ ചൈതന്യത്തിന്റെ പ്രകാശമായിരിക്കുന്ന ഈ ബുദ്ധിയെ ആശ്രയിക്കുന്നു ബുദ്ധിയിലാണ് സംഭവിക്കുന്നത് ബുദ്ധി ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ തലത്തിലാണ് ഈ വ്യവഹാരങ്ങളെല്ലാം സംഭവിക്കുന്നത് എല്ലാ വ്യവഹാരവും ആത്മാവിനെ കുറിച്ച് പറഞ്ഞാലും ശരി ഞാനാത്മാവിനെ കുറിച്ച് പറഞ്ഞാലും ശരി പറയുകയോ മനസ്സുകൊണ്ട് ചിന്തിക്കുകയോ ചെയ്താലതിനെ പറയും വ്യവഹാരം അത് ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി ലൗകികമോ അലൗകമോ ഇന്ദ്രിയ വിഷയമോ അതീന്ദ്രിയമോ ഏതായാലും ശരി ഇതെല്ലാം ഈ ബുദ്ധി വ്യവഹാരമാണ് അവൻ അജ്ഞനാണ് എന്ന് പറയും ബുദ്ധിവ്യവഹാരം ഒരാൾ പറയണ് ഇതാ ഇതാണ് തത്വം ആ തത്വത്തെ കുറിച്ച് ബോധമുണ്ട് ആ തത്വബോധമുള്ളവൻ ഞാനിയാണ് അതും ബുദ്ധിവ്യവഹാരമാണ് ഇനി ഒരാൾ പറയുന്നെന്താണോ ആത്മാവാണ് നിത്യമായിരിക്കുന്നത് ബുദ്ധിവ്യവഹാരം ഞാൻ ആത്മസ്വരൂപമാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ ഇതെല്ലാം എന്താണ് ബുദ്ധിവ്യവഹാരമാണ് ഒരാള് മോക്ഷത്തെക്കുറിച്ച് ഒരുപാട് പ്രസവിക്കുന്നു മോക്ഷം എങ്ങനെയാണ് ജനന മരണങ്ങൾ എങ്ങനെയാണ് ുദ്ധിവ്യവഹാരമാണ് അപ്പൊ ഈ ജാഗ്രത്തിൽ ബന്ധമെന്നോ മോക്ഷമെന്നോ ആത്മാവെന്നോ എന്ത് വ്യവഹരിച്ചാലും ശരി എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും ശരി ഇതെല്ലാം ബുദ്ധിവ്യവഹാരമാണ് അപ്പൊ ഈ ജാഗ്രത്തിൽ ബുദ്ധിവ്യവഹാരത്തിനപ്പുറം ഒരു ബന്ധമോ മോക്ഷമോ ഒന്നുമില്ല ഇതെല്ലാം ബുദ്ധി പ്രവൃത്തിയാണ് ബന്ധമോക്ഷങ്ങളെല്ലാം അത് അദ്വൈതം സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് പരമമായ വെളിച്ചത്തിൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു വെളിച്ചത്തെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും എല്ലാം പറയും ആത്മാവ് നിത്യശുദ്ധ ബുദ്ധ മുക്തം എന്നെല്ലാം പറയുന്നത് എന്താണ് ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് ഈ ബുദ്ധിയെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ബന്ധമില്ല മോക്ഷമുണ്ട് ആത്മാവുമില്ല അനാത്മാവുമില്ല ഇവിടെ ഈ ജാഗ്രത അത് പ്രത്യേകം പറയുന്നു ആളുകൾ സ്വപ്നത്തിൽ ഒരാൾ പറയണല്ല ഞാൻ മുക്തനാണ് ഒരാളുടെ അവകാശം ശരി എന്താണ് മുക്തി നിങ്ങളുടെ മുക്തി എന്താണ് എനിക്കില്ലാത്ത മുക്തി നിങ്ങൾ അവകാശപ്പെടുത്താൻ നിങ്ങളുടെ മുക്തി എന്താണ് നിങ്ങൾക്കില്ലായിരിക്കും പക്ഷെ മുക്തി എന്റെ അനുഭവമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ അറിവ് ബുദ്ധി മനസ്സ് വേറൊന്നുമല്ല നിങ്ങളുടെ മുക്തി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സം പറഞ്ഞല്ലോ ദേവനും ദേവിയും എല്ലാം മനസ്സാണ് അപ്പൊ അദ്വൈതി പറയുന്ന മുക്തിയും മനസ്സാണ് അത് മാത്രമല്ല അദ്വൈതി പറയുന്ന ആത്മാവും മനസ്സാണ് ആത്മാവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് മനസ്സാണ് ബുദ്ധിയാണ് അതിന് ചിലപ്പോൾ നിങ്ങൾ മനസ്സെന്ന് പറയും ബുദ്ധിയെന്ന് പറയും അറിവെന്ന് പറയും പല ഭാഷയിൽ പറയുന്നു ചില കുറച്ചുകൂടെ കടന്നിട്ട് പറയും അനുഭൂതി എന്ന് പറയും ശബ്ദങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഒന്ന് തന്നെ ഒരേ ഒരു കാര്യം തന്നെയാണ് അപ്പം അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്വൈതി ഈ പ്രസംഗിക്കുന്നതിന് ബന്ധവും മോക്ഷവും ആത്മാവും അതിനെങ്ങനെയൊക്കെ വർണ്ണിച്ചാലും ഇതെല്ലാം ബുദ്ധി വ്യവഹാരമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്വൈതി ബന്ധമോക്ഷങ്ങളെ കുറിച്ച് വിവരിക്കുന്നതെന്നാണ് അടുത്തു പറയുന്നത് യസ്മാത് സ്വയം ജ്യോതിഷ്വാദി വ്യവഹാരോ ആ മോക്ഷാന്ത സർവോ അവിദ്യാഭിഷേവ മന ആദി മന ആദി ഉപാധിജനിത പറയുന്നു ശരി തന്നെയാണ് ഭ്രാന്തി എന്ന് പറഞ്ഞുണ്ട് നിങ്ങളീ പറയുന്നതൊക്കെ എന്താണ് ബുദ്ധിയല്ലേ പറയുന്നു സ്വയം ജ്യോതിഷിയോ സ്വയം ജ്യോതിഷാണ് പറയുന്നു ആത്മാവ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ അപ്പോ നീ പറയുന്നൊക്കെ ബുദ്ധിയുണ്ട് ഗുഡ് പറയുന്നത് ഞാൻ പറയുന്ന ബുദ്ധിയല്ല ഞാൻ പറയുന്ന എന്താണ് എന്റെ അനുഭവമാണ് അനുഭവം എന്ന് പറഞ്ഞെന്താ ബുദ്ധി സ്വയം ജ്യോതിസ് തുടങ്ങിയ എല്ലാ വ്യവഹാരങ്ങളും വ്യവഹാരം എന്ന് പറഞ്ഞാൽ വാക്ക് ചിന്താ പ്രവൃത്തി നമ്മളീ പറയുന്നതെല്ലാം ചിന്തിക്കുന്നതെല്ലാം ശ്രുതിയെ ആശ്രയിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നു ചിന്തിക്കുന്നു പറയുന്നു ഇതെല്ലാം സ്വയം തന്നെ കുറിച്ച് പറയുന്നു ഞാൻ സ്വയം ജ്യോതിസാണ് ഞാൻ ആത്മാവാണ് ഇതല്ലേ പറയുകയും മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും ചെയ്യുന്നു കേൾക്കുന്നവനും മനസ്സിലാക്കുന്നതല്ലേ ഞാൻ ആത്മാവാണ് അഹം ബ്രഹ്മാസ്മി ഇതൊക്കെ എന്താണ് ബുദ്ധിയാണ് എന്തുകൊണ്ട് അവനെ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാം സംഭവിക്കുന്നത് ഈ ജാഗ്രത്തിലാണ് ജാഗ്രത എന്ന് പറയുന്നത് മന ഉപാധിയോടുകൂടിയാണ് മനസ്സാകുന്ന ഉപാധിയോട് കൂടിയതാണ് അത് ഏതുവരെ പറഞ്ഞാലും ശരി ഇനി ആ മോക്ഷാന്ത മോക്ഷം വരെയുള്ളത് മോക്ഷപര്യന്തം എന്ത് നിങ്ങൾ പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ പറയുന്നു ഞാൻ മുക്തനാണ് ഞാൻ സംസാരത്തിൽ നിന്നെല്ലാം മുക്തനാണ് എനിക്ക് ജനന മരണങ്ങളില്ല ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ് ഇതൊക്കെ എന്താ ബുദ്ധി എന്താ മനസ്സിലാക്കാൻ പ്രയാസം അങ്ങനെ ഒരു അറിവുള്ളിലുണ്ടായാൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വന്നുകഴിഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിയാണ് ബുദ്ധിയാശ്രിച്ചിട്ടാണ് ഇതെല്ലാം ഈശ്വരനെ അംഗീകരിക്കുന്നതും ബുദ്ധി ഈശ്വരനെ നിഷേധിക്കുന്നതും ബുദ്ധി താൻ മുക്തനാണെന്ന് ചിന്തിക്കുന്നതും പറയുന്നതും ബുദ്ധി അല്ല സംസാരിയാണ് എന്ന് പറയുന്നതും ബുദ്ധി ഇതൊക്കെ സത്താണെന്ന് പറയുന്നതും ബുദ്ധി ഇതെല്ലാം ശൂന്യമാണെന്ന് പറയുന്നതും എല്ലാം ബുദ്ധി ആശ്രയിച്ചിട്ടാണെന്ന് പറയുന്നത് മോക്ഷപര്യന്തം ഈ ജാഗ്രത വ്യവഹാരങ്ങളെല്ലാം സർവോ അവിദ്യാ വിഷയ ബുദ്ധിയെന്ന് മാത്രമല്ല പറയുന്നില്ല അവിദ്യ കാര്യമാണ് ഇതന്നെ അവിദ്യ കാര്യമാണ് അവിദ്യാ വിഷയേവ അവിദ്യ നിമിത്തമായിട്ടാണ് ഇതെല്ലാം കാരണം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു മന ആദ്യ ഉപാധി ജലിത മനസ്സ് തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ചിട്ടാണ് മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ചിട്ടല്ലേ ഇത് പറയുന്നു ഈ ഉപാധികളല്ലേ പറയുന്നു അവിദ്യാകാര്യം എന്ന് പറയുന്നു അവിദ്യാവിഷയം എന്ന് പറയുന്നു ഈ ഉപാധികളെ എല്ലാം ആശ്രയിച്ചു ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് അവിദ്യാകാര്യമാണ് അത് ഏത് പ്രസംഗിച്ചാലും ശരി അത് ഉപാധിജനമാണ് അവിദ്യാകാര്യമാണ് ചോദിക്കും അപ്പം മുക്തി എന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് മുക്തിയെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു പറയുന്ന മുക്തിയെ കുറിച്ചുള്ള എന്റെ എല്ലാ സങ്കല്പങ്ങളും അവിദ്യകാര്യമാണ് മനസ്സാകുന്ന ഉപാധികൊണ്ടുണ്ടായതാണ് അങ്ങനെയാണെങ്കിൽ അവിദ്യാകാര്യമല്ലാതെ മനസ്സ് എന്ന് പറയുന്ന ഉപാധികളെ ആശ്രയിക്കാതെ പരമാർത്ഥം എന്നിവിടെ പറയുന്ന ഒരു സ്വരൂപം അതെവിടെ ഏതും ബുദ്ധി ആശ്രയിച്ചിട്ടാണെങ്കിൽ പിന്നെ പരമാർത്ഥം എവിടെയാണോ ഇവിടെ പറയുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്താണ് ഇവിടെ പറയുന്ന വ്യവഹാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞല്ലോ ജ്യോതിഷാദി വ്യവഹാരം അതിനെ കുറിച്ചാണ് പറയുന്നത് എവിടെയാണോ മോക്ഷത്തെക്കുറിച്ചോ ബ്രഹ്മത്തെക്കുറിച്ചോ വ്യവഹാരങ്ങൾ വരുന്നത് അത് ബുദ്ധി പറയുന്നു എവിടെയാണ് വ്യവഹാരം വരുന്നത് ജാഗ്രത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ വരണം ഏതു ഗുരു ഉപദേശിച്ചാലും ഏതു ഗുരു സത്യത്തെ വെളിപ്പെടുത്തിയാലും അത് ജാഗ്രതത്തിലാണ് അപ്പം അതിനെയാണ് വ്യവഹാരം എന്ന് പറയുന്നത് ഈ വ്യവഹാരം എന്ന് പറയുന്നത് മന ഉപാധിയോടുകൂടിയതാണ് അവിദ്യാകാര്യമാണ് അപ്പോൾ ഈ പരമാർത്ഥം പറയുന്നുള്ളൂ വ്യവഹാരാതീതമാണ് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ പരമാർത്ഥത്തെ വ്യവഹാരാതീതമെന്ന് പറയണെങ്കിൽ അതും ഔദ്യാകാര്യമാണ് മനോപാധികമാണ് ചോദിക്കും അപ്പോ വ്യവഹാരാതീതമായ ഒരു പരമാർത്ഥമില്ലേ എന്ന് ചോദിക്കും അതിനാണ് ഇവിടെ ഇത്രയും വിശദമായി അദ്വൈതി സുഷുത്തിയെ കാണിച്ചു തരുന്നത് എന്നുവെച്ചാൽ വ്യവഹാരാതീതമായൊരു സ്ഥാനം വേണം അങ്ങനെ ഒരു സ്ഥാനമില്ലെങ്കിൽ അദ്വൈതമേ ഇല്ല എന്തുകൊണ്ട് എവിടെ വ്യവഹാരം വരുന്നോ അവിടെ അവദ്യാകാര്യവും അവിടെ മനസ്സും കടന്നു വന്നു പക്ഷേ തനിക്ക് ഈ വ്യവഹാരത്തിൽ ഈ അവിദ്യാകാര്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ തനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എന്താണ് തനിക്ക് വ്യവഹാര അതീതമായ ഒരു നിലയുണ്ട് അതീ അല്ല ഗ്രഹിക്കുന്നത് വ്യവഹാരത്തിലിരുന്നു കൊണ്ട് ഗ്രഹിക്കുന്നെങ്കിലും അത് വ്യവഹാരത്തിലൂടെയല്ല ഈ വ്യവഹാര സ്ഥിതി ചെയ്യുന്നു ആ വ്യവഹാര വിനർമുക്തമായ സ്ഥിതിയിൽ നിന്നാണ് താനീ വ്യവഹാരത്തിലേക്ക് വന്നത് അപ്പോൾ വ്യവഹാര അതീതമായ ഒരു സ്ഥിതി തനിക്കുണ്ട് അതാണ് പരമാർത്ഥം അതുകൊണ്ടാണ് അദ്വൈതത്തിൽ സുഷുതിക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അത് അദ്വൈതത്തിൽ മാത്രമേ അതിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ മറ്റുള്ളവരൊന്നും അത് കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാലേ സുഹൃത്തിക്ക് ആ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അദ്വൈതം സാർത്ഥകമാകും ഇല്ലെങ്കിൽ അദ്വൈതത്തെ അദ്വൈതം തന്നെ നിഷേധിക്കും സുഹൃത്തിയില്ലെങ്കിൽ ഇതെല്ലാം ആവിദ്യ കാര്യം എന്ന് പറയുന്നതിനെ അത് തന്നെ നിഷേധിക്കും അത് പറയാൻ കഴിയാതെ അതെല്ലാം ആവിദ്യ പറയുന്നത് ബന്ധമോക്ഷ വ്യവഹാരങ്ങളെല്ലാം ആവിദ്യ അപ്പോൾ ഈ ജാഗ്രത അതിനപ്പുറം തത്വത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല മറിച്ച് ഓരോ ജീവനും ആ തത്വം വെളിപ്പെടുന്നുണ്ട് താനും അതെങ്ങനെ ആയിരിക്കണം വെളിപ്പെടേണ്ടത് ഈ ജാഗ്രത് വ്യവഹാരത്തെ ആശ്രയിക്കാതെ അവിടെ ശ്രുതി വേണ്ട ശാസ്ത്രം വേണ്ട ഗുരുവേണ്ട ഒന്നും വേണ്ട അതെങ്ങനെ വെളിപ്പെടുന്നു ആഹരഹ ബ്രഹ്മസമ്പദ് അത് മനസ്സും ബുദ്ധിയും ഒന്നും കൊണ്ട് വെളിപ്പെട്ടതല്ല പിന്നെന്ത് ചെയ്തു താൻ അതായി തീർന്നു വ്യവഹാരശൂന്യനായി തീർന്നു അവിടെ അവിദ്യാവിഷയമില്ല മനസ്സ് തുടങ്ങിയ ഉപാധികളില്ല അതുകൊണ്ടാണ് തനിക്ക് ജാഗ്രതയിൽ വരുമ്പോൾ ഈ ഉപാധികളെ ആശ്രയിച്ചു തന്നെ പറയാൻ കഴിയുന്ന എന്താണ് മനസ്സ് അവിദ്യ തുടങ്ങിയ ഉപാധിരഹിതനായ പരമാർത്ഥ വസ്തുവാണ് എന്ന് ഇതിനെ ആശ്രയിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നതുകൊണ്ടാണ് എന്നുകൊണ്ട് താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അപ്പോൾ വ്യവഹാരാതീതമായ ഒരു പരമാർത്ഥ സ്ഥിതി തനിക്കുള്ളതുകൊണ്ടാണ് ഈ വ്യവഹാരത്തിൽ അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ബുദ്ധി ആശ്രയിക്കുന്നുണ്ടെങ്കിലും ആ ബുദ്ധിയെ ആശ്രയിച്ചു തന്നെ ആ ബുദ്ധി തന്നെ ആ ബുദ്ധി അതീതമായ സ്ഥിതിയെ അവനെ ബോധിപ്പിക്കുന്നു ബുദ്ധി സ്വയം തന്നെ പറയുന്നു എന്താണ് താൻ അസത്യമാണ് താൻ പരമാർത്ഥമല്ല തൻ്റെ വ്യവഹാരങ്ങളൊന്നും തന്നെ പരമാർത്ഥമല്ല തന്റെ ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ എല്ലാം തന്നെ അസത്യമാണ് പക്ഷേ ആ ബുദ്ധി തന്നെ പറയുന്നു എന്താണ് തനിക്ക് വ്യവഹാരാതീതമായ പാരമാർത്ഥികമായ ഒരു സ്ഥിതി ആ പാരമാർത്ഥികമായ സ്ഥിതി ഈ ബുദ്ധിയെ ആശ്രയിക്കാത്തതുകൊണ്ട് ആ പാരമാർത്ഥികമായ സ്ഥിതിക്ക് അനിത്യമായിരിക്കുന്ന ഈ ബുദ്ധി തന്നെ പ്രമാണമായി തീരും ഇത് തന്നെ വേദത്തിന്റെ കാര്യത്തിലും പറയും വേദവും ആത്യന്തികമായ അറിവല്ല വേദം പരമാർത്ഥമല്ല പക്ഷേ പരമാർത്ഥത്തിന് വേദം പ്രമാണമാകും ബുദ്ധി പരമാർത്ഥമല്ല പക്ഷേ പരമാർത്ഥത്തിന് ബുദ്ധി പ്രമാണമാകും എന്തുകൊണ്ട് ആ പരമാർത്ഥത്തിൽ നിന്നാണ് ഈ ബുദ്ധി നിർഗമിച്ചത് വേറെ ദൃഷ്ടാന്തം പറയും എന്താണ് സ്വപ്നം പരമാർത്ഥമല്ല പക്ഷെ അതെന്ത് ചെയ്യുന്നു അത് തന്നെ സ്വപ്നം പരമാർത്ഥമല്ലാന്ന് അത് തന്നെ ബോധിപ്പിക്കും സ്വപ്നം തന്നെ ബോധിപ്പിക്കുക എങ്ങനെ ആ സ്വപ്നം തന്നെ സ്വപ്നത്തെ നശിപ്പിക്കും എന്നിട്ട് ജാഗ്രതത്തിലേക്ക് വരുന്നു ബോധ്യം വരുന്നു വാസ്വനം പരമാർത്ഥമല്ല എന്നതുപോലെ ഇവിടെയും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ തനിക്ക് സ്മൃതി എന്നുള്ള ഒരു സ്വരൂപസ്ഥിതി ഉള്ളതുകൊണ്ടാണ് ഈ ശാസ്ത്രവും ഈ തത്വജ്ഞാനവും ബന്ധവും മോക്ഷവും എല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് തത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഈ ബുദ്ധിക്ക് പോരായ്മകളുണ്ടെങ്കിലും ആ പോരായ്മകളോടുകൂടി തന്നെ ബുദ്ധി ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നത് ആ ബുദ്ധി അതീതമായ തത്വമായി താൻ സ്ഥിതി ചെയ്യുന്നുകൊണ്ടാണ് അതാണ് സംഭവിക്കുന്നത് താൻ ബുദ്ധിക്ക് അധീത അധീനനായി ഈ സംസാരത്തെ അനുഭവിക്കുകയും ബന്ധമോക്ഷ വ്യവഹാരങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതേസമയം തന്നെ താനെന്ത് ചെയ്യുന്നു ബുദ്ധിക്ക് അതീതനായി നിൽക്കുന്നു ആ ബുദ്ധിക്ക് അതീതനായി നിൽക്കുന്ന തന്റെ ആ സ്ഥിതി അതിനെ പരമാർത്ഥമാണെന്നും ബുദ്ധി തന്നെ വെളിപ്പെടുത്തുന്നു ഇതോ ഇത് പരമാർത്ഥമല്ലാന്നോ ആ ബുദ്ധി വെളിപ്പെടുത്തുന്നു എന്തുകൊണ്ട് തന്റെ പരമാർത്ഥ സ്വരൂപത്തെ ശ്രയിച്ചിട്ടാണ് ഈ ബുദ്ധി പ്രവർത്തിക്കുന്നത് ആത്യന്തികമായി ഒന്ന് പറയും ഇവിടെ ഇപ്പോൾ പറയുന്നു ഈ എല്ലാം ഈ വ്യവഹാരങ്ങളെല്ലാം ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് അവിദ്യ ആശ്രയിച്ചിട്ടാണ് എന്ന് പറയും ബന്ധ മോക്ഷ വ്യവഹാരങ്ങളുമെല്ലാം അവിദ്യ ആശ്രയിച്ചിട്ടാണ് ബുദ്ധി ആശ്രയിച്ചിട്ടാണ് അല്ല കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകാം എന്നുള്ള രീതി പറഞ്ഞ ഇതെല്ലാവരും അറിവ് താൻ മുക്തനെന്ന് പറഞ്ഞാലും ബന്ധനെന്ന് പറ എല്ലാവരും ആത്മാവുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറയുന്നതും എല്ലാം എന്താണ് ഒരു അറിവിനെ ആശ്രയിച്ചുള്ള വാഗ്വ്യവഹാരമാണ് അറിവ് വാഗ് രൂപത്തിൽ പ്രകടമാകുന്ന ആത്യന്തികമായി അറിവെന്താണ് ആത്യന്തികമായി ആ അറിവ് സ്വയം പരമാർത്ഥമായി തന്നെ വിളിപ്പെടുന്നു ഒരു തലത്തിലത് അനിത്യമായും ഉണ്ടായി നശിക്കുന്നതായും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതേ അറിവ് തന്നെ എന്ത് ചെയ്യുന്നു ആത്യന്തികമായി പരമാർത്ഥമായി സ്ഥിതി ചെയ്യുന്നു എന്തുകൊണ്ട് പരമാർത്ഥത്തിനാണ് സംഭവിച്ചത് ആ പരമാർത്ഥത്തെ നമ്മുടെ ഈ ജീവന്റെ അനുഭവമായി പറയുമ്പോൾ അതിന് സുശക്തി എന്ന് പറയുന്നു അതങ്ങനെയൊന്നുണ്ടോ അങ്ങനെയൊന്നുണ്ടാകുമോ അതിലാർക്ക് സംശയം വരത്തില്ല അതിനാണ് പറയുന്നത് അത് സ്വയം പ്രകാശമാണ് അവിടെ സംശയമില്ലല്ലോ അതുകൊണ്ട് ആ സ്വയം പ്രകാശത്തെ ആശ്രയിച്ച് വരുന്ന ഈ ബുദ്ധിവ്യവഹാരം അതും ആ സ്വയം പ്രകാശം തന്നെ അതിനും മാറ്റമൊന്നുമില്ല അതുകൊണ്ട് ആത്യന്തികമായി പറയുമ്പോൾ എന്ന് പറയും അതാ പരമാർത്ഥം തന്നെയാണ് അപ്പോൾ പരമാർത്ഥം എന്ന് പറയുന്നത് നമ്മളിനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതോ ഒരു കടങ്കതയോ ഒന്നുമല്ല ആ പരമാർത്ഥസ്വരൂപമായിരുന്നു കൊണ്ട് തന്നെയാണ് നമ്മൾ പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അറിയുന്നതും ഈ അവിദ്യാതി ഉപാധികളെ സ്വീകരിച്ചിരിക്കുന്നതും അതാണ് ആ പരമാർത്ഥ തത്വത്തിന്റെ പ്രകാശം എന്ന് പറയുന്നു പരമാർത്ഥ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്ന അതാണ് ആത്യന്തികമായി എന്നാ ബുദ്ധി അത് പരമാർത്ഥമല്ലാത്ത ഒന്നാണ് ആ വിദ്യയാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കാനും ശേഷിക്കത്തില്ല ആത്യന്തികമായി ആ സുഷൃപ്തിയിൽ ഏത് സ്വരൂപമാണോ വാസ്തവമായി ഇരുന്നത് അതിൽ നിന്ന് അന്യമായ ഒന്നും ശേഷിക്കുന്നില്ല അതിലേക്ക് പ്രത്യേകിച്ച് പോവുകയോ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരികയോ ചെയ്തിട്ടില്ല അതിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വ്യത്യാസം മാത്രം ഒന്നെന്താണ് പോകുന്ന വ്യവഹാര ശൂന്യമായ അവസ്ഥ മറ്റൊന്ന് വ്യവഹാരാവസ്ഥ ആ വ്യവഹാരാവസ്ഥയിൽ നമ്മൾ ജാഗ്രത എന്ന് ആ ജാഗ്രതയിലിരുന്നു കൊണ്ട് ആ വ്യവഹാരത്തിന് സഹായകമായിരിക്കുന്ന ഈ ബുദ്ധിയെ ആശ്രയിച്ച് നിർണയത്തിലെത്തിച്ചേരുന്നു ഇതാണ് പരമാർത്ഥം ഇതാണ് മുക്തി എന്നിങ്ങനെ നിശ്ചയിക്കുന്നു അപ്പോൾ അതിന്റെ ഈ വ്യവഹാരത്തിൽ വരുന്ന ബുദ്ധിയുടെ സ്ഥാനം എന്താണ് പരമാർത്ഥത്തിൽ ആ ബുദ്ധി എന്താണ് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് യെസ്മായം ജ്യോതിഷവാദി വ്യവഹാരോപി ആ സർവോ അവിദ്യാവിഷയവ ഇതെല്ലാം അവിദ്യാവിഷയമാണ് മന ആദി ഉപാധി ജനിത മനസ്സ് തുടങ്ങിയ ഉപാധികളോടുകൂടിയതാണ് അപ്പൊ എന്റെ രണ്ടിന്റെയും പ്രാധാന്യം മനസ്സിലാക്കും ഒന്ന് ഈ ബുദ്ധിയുടെ മിഥ്യാത്വം മറ്റൊന്നാ ബുദ്ധിയുടെ പാരമാർത്ഥിക നില ഇത് രണ്ടും ഇത് രണ്ടും ഗ്രഹിക്കുന്നതാണ് ശരിയായിട്ടുള്ള തത്വബോധം എന്ന് പറയുന്നത് മാത്ര അസംസർഗസ്തു അസ്യോതി തത്കേനക്കം പശ്യീത് ഇത്യാദി ശ്രുതിഭ്യത് രണ്ടിനെയും പറയുകയാണ് നിങ്ങളുടെ ഈ ബന്ധവും മോക്ഷവും ആത്മാവും അനാത്മാവും ഈ സങ്കല്പങ്ങളെല്ലാം ഈ അറിവെല്ലാം ഇതെല്ലാം വിദ്യകാര്യമാണെന്ന് പറഞ്ഞല്ലോ അതങ്ങനെ എത്ര അന്യദിവദിവിടെ ഈ ജാഗ്രത്തിൽ ഇതിനെ ജാഗ്രതായി കണ്ടുകൊണ്ട് ഈ ഭേദങ്ങളെല്ലാം കണ്ടുകൊണ്ട് ബന്ധമോക്ഷ ഭേദവ്യവഹാരത്തെ കണ്ടുകൊണ്ട് അന്യദിവ ഇതും വാസ്തവത്തിലുള്ള സുഷുപ്ത സ്വരൂപം തന്നെയാണ് പക്ഷെ ഇവിടെ അന്യഭാവം വന്നുകഴിഞ്ഞു തത്ര അന്യോ അന്യത് പശ്യത് എന്നെ പറയുന്ന വ്യവഹാരം അന്യോ അന്യത് പശ്യത് എന്ന് പറയും മുമ്പ് അവിടെ വന്നതാണ് ഇനി മാത്ര അസംസർഗസ്തു അസ്യഭവതി സൃഷ്ടിയെ കുറിച്ച് പറയും അവിടെ മാത്ര സംസർഗം വരുന്നില്ല ബുദ്ധിയുടെ സംസർഗം വരുന്നില്ല പ്രാണന്റെ സംസർഗം വരുന്നില്ല മനസ്സിന്റെ സംസർഗം വരുന്നില്ല ആത്മതത്വത്തെ പറയുമ്പം വെറും കടങ്ങതുപോലെ പറഞ്ഞപ്പോലെ നമ്മുടെ അനുഭവമായിട്ടത് യോജിക്കണ്ടേ അത് നിത്യശുദ്ധ ബുദ്ധമുക്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊരു സാധനം വെറും കേട്ടുകേൾവിയായാൽ പോരാ അങ്ങനെയൊരു സാധനം എന്താണ് അത് തന്റെ സുഷൃതി അവസ്ഥ തന്നെയാണ് എന്തുകൊണ്ട് അവിടെ മാത്രം അസംസർഗമുണ്ട് മാത്രമെന്ന് പറയുമ്പോൾ മനസ്സ് തുടങ്ങിയല്ല ഒന്നുമായിട്ടോ അവിടെ സംസർഗമില്ല അതങ്ങനെ ശരിയാകും അവിടെ മനസ്സുണ്ടായിരുന്നില്ലേ എന്താ സുഹൃത്തിൽ ആരെങ്കിലും അറിഞ്ഞോക്കെന്താ മനസ്സിൽ സുഹൃത്തിയിൽ ഞാൻ മുക്തനാണ് സുഹൃത്തിയിൽ ഞാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ രണ്ടിനെ പേട്തിരിച്ചത് ഉറക്കത്തെയും സ്വപ്നത്തെയും വേർതിരിച്ചു ഉറക്കം വേറെ സ്വപ്നം സ്വപ്നത്തിൽ ഇതൊക്കെ സംഭവിക്കാം ഗുരുവാകാം ജ്ഞാനം ഉണ്ടാകാം മോക്ഷമുണ്ടാകാം എല്ലാം സംഭവിക്കാം സുഹൃത്തി എന്ന് പറയുന്നത് ഇതൊന്നും സംഭവിക്കാത്തതാണ് അത് തന്റെ അനുഭവമാണ് തന്റെ അനുഭവം എന്ന് വെച്ചാൽ താൻ അനുഭവിക്കാത്ത അനുഭവം കാരണം ഇവിടെ അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കാത്ത അനുഭവമാണ് സൃഷ്ടി ഇവിടെ അനുഭവിക്കുമ്പോൾ എന്താണ് ഞാനിതാ അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടുള്ള അനുഭവം അവിടെ എന്താണ് ഞാൻ അനുഭവിക്കുന്നു എന്നറിയാൻ കഴിയാതെയുള്ള അനുഭവം ഇവിടെ അനുഭവിക്കുന്നു എന്ന് അറിയേണ്ടി വരുന്ന എന്തുകൊണ്ട് ഈ കർണങ്ങളെല്ലാം അവിദ്യ കാര്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ എന്തുകൊണ്ടങ്ങനെ കഴിയുന്നില്ല മാത്ര അസംസർഗം ഇതുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പൂർണ്ണമായും മറ്റുപോയി ഈ സംസാര ബന്ധം പൂർണമായി മാറ്റിരിക്കുക അതാണ് ആ സുഷൃത്തിയിലെ സ്വരൂപം അതായത് ജാഗ്രതയിലെ ഈ മോക്ഷം അത് അവിദ്യാകാര്യമാണ് എന്നുള്ളത് സുഷൃത്തിയിലെ സ്വരൂപസ്ഥിതിയെ ഗ്രഹിക്കുന്നവനെ മനസ്സിലാവും എന്നിട്ടതിൻ്റെ ജാഗ്രത മനസ്സിലാക്കി ആ സ്വരൂപസ്ഥിതി മാത്ര അസംസർഗമാണ് പരമാർത്ഥത്തിൽ ഈ വ്യവഹാരത്തിൽ ഇവിടെ സംഭവിച്ചു നിലനിൽക്കുന്നത് അതാണ് ബോധം ആ ബോധത്തിൽ പിന്നെ മാത്ര സംസർഗമില്ല എന്ന് പറയുന്നത് സംസാരമില്ല അതാണ് മുക്തി ജാഗ്രത്തിലെ മുക്തി എന്ന് പറയുന്നത് സുഷുതിയാകുന്ന മുക്തി ജാഗ്രത്തിൽ ഉപകരിക്കണമെങ്കിൽ അതിനെ ആ തരത്തിൽ മനനം ചെയ്യുന്നു അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് എത്ര തുവാസി സർവം ആത്മീയ അഭൂത് ഈ കാണുന്ന സർവവും എത്ര ഏതൊരവസ്ഥയിലാണോ സുഷൃത്തിയിൽ ആത്മീവാഭൂത് അവിടെ താൻ തന്നെയായി തീർന്നു താൻ എന്തായാലും അവിടെ ഉണ്ടായിരുന്നു ഉറക്കം തനിക്ക് തന്നെയായിരുന്നു താൻ തന്നെയാണ് ഉറങ്ങിയത് തത്കേലകം പശി അവൻ എന്തുകൊണ്ട് എന്തിനാ കാണുമെന്ന് പറഞ്ഞാൽ അവനവിടെ എന്ത് വ്യവഹാരം നടത്തും ഇവിടെ പറയുമ്പോൾ എന്താണ് അവനവിടെ എങ്ങനെ ബന്ധനത്തെ അനുഭവിക്കും അവനവിടെ എങ്ങനെ മുക്തി അനുഭവിക്കും അവനവിടെ എങ്ങനെ ജ്ഞാനിയാകും എങ്ങനെ അജ്ഞാനിയാകും അതാണ് പരമാർത്ഥം അപ്പം സുഷുസ് എന്ന പരമാർത്ഥമില്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്നവർ ചിന്തയുമില്ല അദ്വൈതം എന്ന് പറയുന്ന ഒരു അനുഭവമില്ല അദ്വൈതജ്ഞാനമില്ല അദ്വൈതം മോക്ഷവുമില്ല ഇതൊന്നുമില്ല ഇതെല്ലാം ഒരു കടങ്കഥ പോലെയായി ഇപ്പം അദ്വൈതം അങ്ങനെ ഒരു കേട്ടി കേളിവലെ പറയുന്ന ഒരു കാര്യമില്ല കഥ പറഞ്ഞു തരുന്നതുപോലെ പറഞ്ഞ കാര്യമില്ല അത് ഇത്രയേ ഉള്ളൂ ആ ശ്രോതാവിലേക്ക് അവന്റെ പരമാർത്ഥത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതാണ് എൻ്റെ പരമാർത്ഥം അതെന്താ ഞാനറിയാത്ത പരമാർത്ഥം എന്നെ ആ പരമാർത്ഥം നീ അറിയാത്ത പരമാർത്ഥത്തെ നീ ഇങ്ങനെ അറിയ എങ്ങനെ സുഷുപ്ത പുരുഷനായി എന്തുകൊണ്ടറിഞ്ഞില്ല അതവിടെ അറിയാൻ കഴിയത്തില്ല അതാണ് അതിന്റെ സ്വരൂപം അവിടെ അവദ്യ കാര്യങ്ങളൊന്നുമില്ല അവിടെ മന ഉപാധിയില്ല അവിദ്യാകാര്യം ഇവിടെയാണ് നിങ്ങളുടെ ഈ ബന്ധത്തിലും മോക്ഷത്തിലുമാണ് നിങ്ങളീ മോക്ഷത്തെക്കുറിച്ച് പ്രസംഗിക്കും പ്രസംഗിക്കുന്നിടത്താണ് ഈ അവിദ്യ ഉള്ളത് അത് അസുഷുതിയിലല്ല എന്തുകൊണ്ടവിടെ മാത്ര അസംസർഗമാണ് ഇത് മനസ്സിലാക്കാതെ നിങ്ങളിവിടെ ഇരുന്ന് മോക്ഷത്തെക്കുറിച്ച് എത്രയൊക്കെ പ്രസംഗിച്ചാലും അവിടെയെല്ലാം ഇത് ഓർത്തുവെക്കേണ്ടി വരും എന്താണ് ഈ പറയുന്നതെല്ലാം അവിദ്യാകാര്യമാണ് ഇത് മനസ്സ് തുടങ്ങിയ ഉപാധികൾ കൊണ്ടാണ് അതും അംഗീകരിക്കേണ്ടി വരും അപ്പോ പരിപൂർണമായ മുക്തി പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറഞ്ഞാൽ അത് സുഷൃപ്തി ഇവിടെയോ ജ്ഞാനം കൊണ്ടുള്ള മുക്തി ജ്ഞാനാദേവ കൈവല്യം എന്ന് പറയുന്ന മുക്തി ഇവിടെ ജാഗ്രത അല്ലാണ്ട് തമ്മിലുള്ള വ്യത്യാസം ഇത്യാദി ശ്രുതിഭ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ ഒരുപാട് വരും ഈ ബ്രഹ്മജ്ഞാനികൾ തന്നെ പലതരത്തിലുണ്ട് ഭാഷകാലം പറയുന്നു ബ്രഹ്മജ്ഞാനികളിൽ തന്നെ മന്ദബുദ്ധികളുണ്ട് കൂടുതലും ബ്രഹ്മജ്ഞാനികൾ മന്ദബുദ്ധികളാണ് ഏത് ഈ തത്വത്തെ അറിയാത്ത സുഴുത്തിയുടെ സ്വരൂപത്തെ പരമാർത്ഥമായി പൂർണമായി അറിയാത്ത ബ്രഹ്മജ്ഞാനികളല്ല മന്ദബുദ്ധികളാണെന്നാ പറയുന്നത് അത് എവിടെയും വരാമല്ലോ അന്തബ്രഹ്മവിത നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല സാക്ഷാത് ഭാഷികാരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് മന്ദബ്രഹ്മത്തുക്കളുണ്ട് അങ്ങനെയും കുറെ പേരുണ്ട് ഈ ഭാഷയൊക്കെ കഷത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട് കുറേയധികം മന്ദബ്രഹ്മവിത്തു ഏവയ്യം ആശങ്കാത്മവിധാം ഏകാത്മവിത്തുക്കൾക്ക് അതില് ഇത്തരം ആശങ്കകളൊന്നും അതുകൊണ്ട് ബ്രഹ്മജ്ഞാനി ആയില്ലെങ്കിലും ഒരു തകരാറുമില്ല പക്ഷേ ഇതുപോലത്തെ മന്ദബ്രഹ്മാനിയാകാതിരിക്കുക അത് വരാൻ പാടില്ല മന്ദബ്രഹ്മു ഏകാത്മവിത ഏകാത്മവിത്തുക്കൾക്ക് ഇങ്ങനെയുള്ള അതായത് ഈ മനസ്സിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അങ്ങനെ വന്നത് ആശങ്ക എന്താ വന്നത് നിങ്ങൾ അവിടെ സ്വപ്നത്തിൽ മനസ് മഹിമയെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ മനസ്സ് മാറുന്നു എന്ന് പറഞ്ഞ അവിടെ മനസ്സിന്റെ സ്ഥാനം എന്താണ് മനസ്സിനത് കഴിയുമോ എന്നെല്ലാം ഉള്ള ആ ശങ്കിലൂടെയാണ് ഇതുവരെ അപ്പോൾ ബ്രഹ്മജ്ഞാനത്തിലേക്ക് വന്നു അപ്പോൾ ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാന വ്യവഹാരം ജാഗ്രത ഈ വ്യവഹാരം അതിന്റെ പോരായ്മയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് അവിടെ അത്രായ പുരുഷ സ്വയംജ്യോതി പുരുഷൻ അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് വരുന്നു അവിടേക്ക് ലയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ താല്പര്യം അത് ഇവിടെ വരുന്നു എവിടേക്ക് ലയിക്കുന്നു അപ്പോൾ മനസ്സിന്റെ സ്ഥാനം എന്താണ് പുരുഷന്റെ ക്ഷേത്രായിരിക്കുന്ന പുരുഷന്റെ സ്ഥാനം എന്താണ് ബ്രഹ്മജ്ഞാനത്തിന്റെ സ്ഥിതി എന്താണ് പരമാർത്ഥ എന്താണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം മന്ദബുദ്ധികളായ ബ്രഹ്മജ്ഞാനികൾക്ക് ആശങ്കയുണ്ട് പക്ഷേ അതിനകത്ത് ഏകാത്മവിത േതുരുവനാണോ ഇതിൽ നിശ്ചയാത്മകമായ അറിവുള്ളത് അവനതൊന്നുമില്ല അവനത് നിശ്ചയിച്ചിരിക്കുന്നു